അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്കൊരടയാളം നൽകിയണമേ അല്ലാഹു പറഞ്ഞു മൂന്നു ദിവസത്തേക്ക് ആംഗ്യങ്ങളിലൂടെയല്ലാതെ നീ ജനങ്ങളോട് സംസാരിക്കാതിരിക്കുക എന്നതാണ് നിന്റെ അടയാളം നിന്റെ രക്ഷിതാവിനെ ധാരാളമായി സ്മരിക്കുകയും സന്ധിക്കും പ്രഭാതത്തിനും അവനെ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുക